പഠിക്കുന്നതിന് പ്രാന്തം എന്നല്ലേ പറയണ്ടേ നിങ്ങളീ ആധുനിക വിഷയങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് ഡിഗ്രികളും ഒക്കെ സമ്പാദിച്ച് ലോകത്തിന്റെ നെറുകിയിൽ അമർത്തിച്ചവിട്ടി ലോകമൊക്കെ വിജയിച്ചു വന്ന് അവസാനി വൈകി പോകുന്നോടും അനിയത്തിയോടും ഒക്കെ ഞാൻ പറഞ്ഞു ഈ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ അവരും പോയി തുടങ്ങിയിരിക്കുന്നു ഈ ചെറുപ്പക്കാർ പിള്ളേരെ നോക്കി പറയുന്നുണ്ടാവും എനിക്ക് പോയി അന്വേഷിച്ചാലേ അറിയുള്ളു പറയുന്നുണ്ടാവൂന്നാ എനിക്ക് തോന്നി നല്ല മനുഷ്യനായിരുന്നു നന്നായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ആ ഒരു പത്ത് രൂപ കൊല്ലം അയുതാണോ അല്ലെ ഒരു പത്ത് രൂപത്തിൻ്റെ കൊല്ലം അയുതാണോ ആ നല്ല മനുഷ്യൻ ഈ ജിമയാമുഷൻ എന്നൊക്കെ പറഞ്ഞുകൂടി അവിടെ പോയി പഠിച്ചു പഠിച്ച് പാക പസളായാൻ ഒന്നുമില്ല നല്ല ശിവരാമ ഭാര്യ തലകുലിക്കും ശിവരാമൻ തല ഗുളിക്കില്ലെങ്കിൽ ശരിയാഗ്രി ചെയ്തു ഞങ്ങളുടെ സംസ്കാരത്തിൽ ഭാര്യ പകുതി ശരീരമാണ് ശരിയായി അതെത്തിയാണ് 100%, ശ്രീരാം സമ്മതിക്കാൻ ശ്രീറാം പറഞ്ഞു മുമ്പ് നോർമലി അബ്നോർമൽ ആയിരുന്നു ഇപ്പോൾ അബ്നോർമലി നോർമൽ ആണ് അതെ ശ്രീറാം പറഞ്ഞു നേരത്തെ ഞാൻ ജനങ്ങളെ പോലായിരുന്നു normally abnormal. But now normal. അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് സൂവിനകത്ത് കിടക്കുമ്പോ സിംഹത്തിനും കാഴ്ചക്കാരനും ഇടയിൽ വലയാം സിംഹത്തിനും കാഴ്ചക്കാരനും ഇടയിൽ വലയാം സിംഹത്തിന്റെ ബോധം വലയില്ലാത്തതാണെങ്കിൽ വലയിൽ കാഴ്ചക്കാരനാണ് നിൽക്കുന്നതെന്നായിട്ട് അദ്ദേഹം പറയുന്നത് അപ്പോന്നായി എണ്ണി എണ്ണി തൊട്ട് എന്നും പൊരുളൊടുക്കിയാൽ ഓരോന്നോരോന്നായിട്ട് വൃത്തി ഇതിന്റെ പ്രക്രിയ വേണോ ഇതം എന്ന വൃത്തി ആദ്യമുണ്ട് ഇതെന്ത് എത്ര പ്രായമായാലും നമ്മൾ നമ്മളൊരു ചോദ്യം ചെയ്യുക ഇതെന്താണ് ഇതാര പരസ്പരം കാണുമ്പോൾ ആദ്യം ഒരു ചോദ്യമുണ്ട് ഇതാര നമ്മൾ ഗോപാലനല്ലേ അവിടുത്തേക്ക് ആ ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഗോപാലിനെ പോലെയെന്നുള്ളൂ ഗോപാലനല്ല ശങ്കരൻ തന്നെ ഇതിലപ്പം ആയോക്കുന്നു ആ ഇതെന്ത് എന്ന ചോദ്യത്തിന് ചോദ്യ സമയത്ത് തന്നെ അനിർവചനീയഖ്യാതി ഓർമ്മ വന്നാൽ അറിയില്ല ബോധത്തെ ഇന്ദ്രിയങ്ങളിൽ പരി പരിമിതപ്പെടുത്തി ഇതിന്നത് എന്ന് വന്നാൽ മനസ്സേറ്റെടുക്കും പടി ആദ്യത്തെ കാഴ്ചയിൽ നല്ലത് ചീത്ത നന്മ തിന്മ വലുത് ചെറുത് കുറിയത് നീണ്ടത് ഇങ്ങനെ അനേകം ദ്വന്ദ്ങ്ങളുടെ സമീക്ഷകൾ അകത്തു നിന്നൊരു ബോധം ഓർമ്മപ്പെടുത്തി ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിലും മനസ്സിന്റെ വൃത്തിയിലും രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇത് വൃത്തിയാകാരമായി മനോവൃത്തിയായി വിഷയാകാര വൃത്തിയായി ഇനി ആ വിഷയം വേണ്ട അരമണിക്കൂർ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞു കാണാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞു വളരെ ലോഹ്യമായി അയാൾ പോയി ലോഹി നോക്കണ്ട അടുക്കി വരുന്നയാൾ ചോദിച്ചു നിങ്ങളൊന്ന് അറിയോ പിന്നെ ഇത്രയും തന്തയില്ലാത്ത ഒരുവൻ വർത്തമാനം പറഞ്ഞപ്പോൾ അങ്ങനെല്ലാം തോന്നി നിങ്ങൾ പിന്നെ അത് ഞാൻ തൽക്കാലം അവനോട് അങ്ങനെ കാണിച്ചെന്നല്ലേ ഉള്ളൂ നിങ്ങൾക്കറിയില്ല അവനാരാണെന്ന് ഈ അവൻ ഏതാണ് ആദ്യത്തെ അവൻ ജാഗ്രത്തിൽ കാണുന്ന ഗോപാലനും ശങ്കരനും തമ്മിലുള്ള സംഭാഷണത്തിലെ ശങ്കരൻ മറഞ്ഞ് രാമനോട് പരിചയപ്പെടുത്തുന്നതാൻ കണ്ട ശങ്കരൻ ഏത് ശങ്കരനാണ് എന്റെ മനസ്സല്ലേ അല്ലേ അവ വിഷയാകാര മനോവൃത്തി അതിൽ എന്റെ ബുദ്ധി ഭാവിയിൽ എനിക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളും ഭൂതകാലത്തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതും എല്ലാം കണക്കുകൂട്ടി അവനിൽ ആരോപിച്ച് എന്റെ ബോധപരിക്രുതിയെ അവനിൽ ചേർത്ത് വെച്ച് വിജയാവജയങ്ങളെ എണ്ണുമ്പോൾ ബുദ്ധിവൃത്തിയും അതിലൂടെ ആ രൂപമോ ഭാവമോ ഉള്ള എല്ലാത്തിനോടും എനിക്കുണ്ടാകുന്ന അടുപ്പവും അകൽച്ചയും വെച്ച് ഞാനും ഈ രൂപാന്തരപ്പെടൽ ഉണ്ടാക്കിത്തരുന്ന എല്ലാ കൂട്ടുകെട്ടുകളും ഏർപ്പാടുകളും അജ്ഞാനത്തിന്റെ ഇതിഹാസങ്ങളെ മാത്രം തരുന്നുവെന്നും ഞാനെന്റെ ഏകാന്തതയിൽ ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് ഈ പരിണാമ ഭേദങ്ങളെ കൂടിയാലും കൂടിയില്ലെങ്കിലും ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ വികാസവുമാണ് മനുഷ്യനെ നന്നാക്കേണ്ടതില്ല കൂട്ടായ്മകൾ നന്മയിലേക്ക് നയിക്കണമെന്നില്ല നയിച്ചു കൂടായികയുമില്ല മനസ്സിലായില്ല നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവനും അവളും അതും ആയും ഈയുമൊക്കെ ഉണ്ടാകുന്ന വൃത്തിവിശേഷങ്ങളെയാണ് ഇത് പഠിച്ചുകൊണ്ട് തന്നെ ഈ പഠിക്കാൻ വന്നതുകൊണ്ടാണ് നിങ്ങൾ ബന്ധനത്തിലായത് മനസ്സിലായില്ല ഓ അങ്ങനെയാ അവനല്ലേ ഞാൻ വിചാരിച്ചു നല്ലവനാണ് ഏ അങ്ങനെയൊന്നല്ല നിനക്കറിയില്ലായിട്ടാണ് ഈ കൂട്ടായ്മ വീട്ടിലാണ് പൂർവാനുമിതികളുടെ ആയിരമായിരം ഇതം വൃത്തികൾ വിഷയവിശിഷ്ടമായി ലോകത്ത് ഇങ്ങനെ പൊന്തി വരുമ്പോൾ അഹാം ഇഹയാണ്ണി പൊരുളൊടുങ്ങിയാൽ ദൃക്ക് നിശ്ചലം നിന്നിടും ദൃക്ക് അവിടെ ഞാൻ ആകണം ആ നിന്നിടും ദൃക്കു പോലെ എന്റെ ഉള്ള എന്റെ ഹൃദയം നിന്നിൽ ഇനി അവിടെ സ്ഥിക്കരുത് അവിടെ ആന്തോളനങ്ങൾ ഉണ്ടാവരുത് വിഷയാകാരമായി ഇത് പ്രതിപ്രവർത്തിക്കരുത് സകല വിഷയങ്ങളും കത്തടങ്ങി ഏകവും അദ്വയവുമായ ബോധമായി അസ്പന്തമാകുന്ന നില നിന്നിലന്തമാകണം നാരായണ ഗുരുവിൽ ഉൾക്കൊണ്ടത് കൊണ്ടാവാം കുമാരനാശാൻ പാടില്ല വിളയാടിയ തള്ളയ തളരുമ്പോൾ തിരയുന്നു ദൈവമേ വിളയാടിയ കുട്ടി തള്ളയെ തളരുമ്പോൾ തിരയുന്നു ദൈവമേ പല വൃത്തികളാൽ വലഞ്ഞുനിൻ നിലനോക്കുന്നതു രാവിൽ ഞാനുമേ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ആന്തോളനം കാണാം അല്ലെ പല വൃത്തികളാൽ വളഞ്ഞുനിൻ നില നോക്കുന്നിതു രാവിൽ ഞാനുമേ ആഗ്രഹണത്തിന്റെ കേന്ദ്രങ്ങളിലിരുന്ന് ഞാൻ നിന്റെ നിലനോക്കുന്നു പല വൃത്തികളാൽ വലഞ്ഞ എന്തെന്ത് വൃത്തികളാണ് ഇങ്ങനെ വരുന്നത് ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്റെ ബോധത്തിലുണ്ട് അത് ഓരോന്നോരോന്നായി എണ്ണി ഓരോന്ന് ഒടുങ്ങിക്കഴിഞ്ഞാൽ എന്റെ ദൃക്ക് നിന്നിലായി കഴിഞ്ഞാൽ മാത്രം അറിയുന്ന അറിവ് വീണ്ടും നോക്കാം മൂന്ന് അന്നവസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പൂരാൻ അന്നവസ്ത്രാധിമുട്ടാതെ ക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പൂരാൻ അന്നം വസ്ത്രം ഇവ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രാർത്ഥന കാണാം അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ ആമയെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊരൽപ്പം വ്യത്യാസമുണ്ട് അവിടെ അപ്പം തരയണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതെ അപ്പം തരുന്നവനെ സ്തുതിക്കുക ഇവിടെ ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം നാരായണ ഗുരുവും പാശ്ചാത്യം തമ്മിൽ ഇത്രയും ദൂരം കാരണം നീ അർഹത അപ്പം വരും അത് എന്നോട് ചോദിക്കാണ്ട് ചോദിച്ചവനും കൊടുക്കും ചോദിക്കാത്തവനും കൊടുക്കും ചോദിക്കുന്നവനെയും ചോദിക്കാത്തവനെയും നീ കൊടുക്കുന്നത് അവന്റെ പൂർവവാസനയ്ക്കനുസരിച്ചാണ് ഒരുവൻ ചോദിച്ചത് കൊണ്ട് കൂടുതലും കുറവും കൊടുക്കില്ല ചോദിക്കാത്തവൻ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കൂടുതൽ കൊടുക്കും പണി കണക്കാക്കുന്നത് തിരുമുമ്പിൽ വേല നോക്കിയല്ല അവൻ എത്ര എത്ര ജന്മ ജന്മാന്തരങ്ങളുടെ പണിയെടുക്കും നോക്കിയാ എന്റെ റെക്കാർഡ് മുഴുവൻ അവിടെ നിന്ന് നോക്കും നമ്മുടെ റെക്കാർഡിൽ കുറച്ച് കാര്യമുള്ളൂ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന പണിയുള്ളൂ ഒരു പണിയെടുക്കാത്ത അവന് പ്രൊമോഷനൊക്കെ കൊടുക്കുന്നു പണിയെടുത്തോണ്ടിരിക്കുന്ന എനിക്കൊന്നും വരുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ പണിയെ കണക്ക് കൂട്ടിട്ടുള്ളൂ പൂർവ്വകാല പ്രാബല്യത്തോടെ ആ കാരണവരുവിരിക്കുന്നത് മനസ്സിലായില്ല അത് കാണാൻ എല്ലാ കണ്ണിനും കഴിയില്ല അത് കാണുന്ന കണ്ണിനെ സമറ്റിക്കുന്നതിൽ നിന്ന് പുറത്തു പറ്റൂ സമഗ്രമായ കാഴ്ചയുള്ള നാരായണ ഗുരു ൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല വന്നത് അന്നവസ്ത്രാദികൾ മുട്ടാതെ ചോദിക്കില്ല കാരണം അന്നം ബ്രഹ്മേദി രജാനാ അന്നം അറിവ് തന്നെയാണ് അന്നം കൊണ്ടുണ്ടായി അന്നം കൊണ്ട് നിലനിന്ന് അന്നത്തിൽ ലയിക്കുന്നത് കൊണ്ട് അന്നം അർത്താവും കൂടിയാണ് അന്നം ജീവജാലങ്ങൾക്ക് ആഹാരവും ജീവജാലങ്ങളെ ആഹരിക്കുന്നവനുമാകുന്നു കൈതരിയ മനസ്സിലായില്ല അന്നം കൊണ്ടുള്ള ഈ ശരീരം വേറൊരു അന്നം കൊണ്ടുള്ള ശരീരത്തെ കഴിക്കുമ്പോൾ ഈ അന്നം ആ അന്നത്തെ കഴിക്കുന്നു ആത്മാവ് കഴിക്കുന്നില്ല കഴിക്കുന്നതും കഴിക്കപ്പെടുന്നതും അന്നം തന്നെ അന്നപ്രശംസ ഭാരതീയ ചിന്തയിൽ വളരെ വിപുലമാണ് തൈത്തരിയം പ്രത്യേകിച്ചും ഏഹ് അഹമന്നം ഗംഭീരമാണ് തൈത്തരിയൊക്കെ പഠിച്ചതല്ലേ എങ്ങനെ ആയിട്ട് പഠിച്ചതാണ് കൂടെ മറന്നും പോവുകയാണല്ലേ നിത്യവും സാധന ചെയ്യണം അതിൽ തന്നെ പറയുന്നുണ്ട് സ്വാധ്യായന്മാത സ്വാധ്യായം ചെയ്തില്ലേ പോവും സ്വാധ്യായ പ്രവചനാധ്യമി ബാക്കിയൊക്കെ നിർത്തിയാലും ഇത് രണ്ടും നിർത്തരുത് ബാക്കിയൊന്നും അത്യാവശ്യമുള്ളതാണല്ലാതി മുട്ടാതെ എന്റെ അന്നം മുട്ടൂല മനുഷ്യനേക്കാളും പറവകൾ കൊണ്ടെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതാ പാശ്ചാത്യനും പറവകളും തമ്മിലുള്ള വ്യത്യാസം യേശു ക്രിസ്തു പടിഞ്ഞാറൻ അങ്ങനെ ഞങ്ങളൊക്കെ പറയാ പാലക്കാട്ടാ കക്ഷി ജനിച്ചതെന്നാണ് കക്ഷശിലയിലാണ് പഠിച്ചതെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നെഹ്റു അങ്ങനെ എഴുതിയിട്ടുമുണ്ട് കക്ഷിലയുടെ റൂൻസിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട് ഈ സഫ് നസരേണിയ് എന്നുണ്ട് നസദത്തിലെ യേശു അവിടെ റാങ്ക് കിട്ടുന്നവരുടെ ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെയുള്ള ചിത്രം ഉണ്ടെന്നാണ് നെഹ്റു പറയുന്നത് പഴസ് ബെക്ക് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ ഇതിനൊക്കെ കൂട്ടുപിടിക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ലല്ലോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രമാണം പഴസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഉറപ്പ് കിട്ടുള്ളൂ അല്ലേ അതുകൊണ്ട് ആ ക്രിസ്തു അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ച ഭയാനകാര് അതുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു ആകാശത്തിലെ പറവകളെ നോക്കുവിൽ അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്തൊരു ആനന്ദമായി അവർ ജീവിക്കുന്നു നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാന്റെ മാഹാത്മ്യം പറയുകയും ഇരിക്കുമ്പോൾ നല്ല പാലിടപ്രഥമൻ മുന്നൂറ് ഷുഗറും മനസ്സിലാ മനസ്സോടെ അയലോക്കങ്കാരന് കൊടുത്ത് നമുക്കോ വിധിച്ചിട്ടില്ല ആ ചിരി കണ്ടിട്ട് നല്ല ഷുഗർ ഉണ്ടെന്നാ തോന്നുന്നു അല്ല എന്റെ ആർക്കോ ഉള്ളത് കണ്ടിട്ടുണ്ടോ അതിലും ആദ്യം വായുസം കുടിച്ചിട്ടുണ്ട് എന്നാലോ ചെയ്യും വിധി എന്ന് പറയുന്ന സാധനം വേണ്ടേ ഈ ഭൂമിയിലുള്ളതൊക്കെ ഉണ്ടായാലും ഇത് പറ്റണ്ടേ അപ്പൊ അതുകൊണ്ട് അന്നവസ്ത്രാധി മുട്ടാതെ അന്നം വസ്ത്രം ഇതൊക്കെ മുട്ടാതെ കിട്ടണം മുടക്കം വരരുത് രക്ഷിച്ചു പോരുന്ന ഞാൻ ചോദിച്ചിട്ടല്ല ചോദിക്കാതെ തന്നെ എനിക്ക് തരുന്നവനാ നീ ആ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പൂരാൻ അവിടെ സ്തുതിയാണ് മറ്റൊരു യാചനയാണ് എല്ലാം അറിയുന്നേ അവിടുത്തോടെ എന്ത് യാചിക്കാൻ മറ്റൊരു പ്രാർത്ഥനയിലൊക്കെ യാചനയുണ്ടല്ലേ ഏ ശങ്കധ്യാന ഗ്രഹിക്ക നീ തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം പറഞ്ഞു പറഞ്ഞ് പുത്ര പുത്ര മിത്രാദികൾ ഉണ്ടായി വരയണമെന്നീശ്വര ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര അല്ലെ ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വര ഭയങ്കരമാണ് ബന്ധുക്കൾ ഉണ്ടായി വരയണമെന്നീശ്വര ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര രണ്ടും കൂടെ വേണം ഒന്നുപോലെ സന്തതി സൗഖ്യം ലഭിക്കേണ്ട ഈശ്വര സന്താപമൊന്നും നടക്കുമോ സന്തതി ഉണ്ടായോ സന്തതി എന്ന് പറഞ്ഞ സന്താപമാണ് സന്തത സന്താപത്തിനാ സന്തതി എന്ന് പറയുന്നത് ഒരു സന്താപമല്ല സന്തത സന്താപം കാരണം എന്റെ കാലോ വളരുന്നു കയ്യോ വളരുന്നു കാലടിയോ വീട്ടിൽ നടക്കുവോ തീരുമേ ഇതിന് വർത്തമാനമൊക്കെ പറയാൻ പറ്റുവോ ഇത് ഭാവിയിൽ എന്തായി തീരുമെന്റെ ഈശ്വര ഇതിന് എം ബി ബി എസിന് വിടണോ അതിന് വിടണോ ഇതിന് വിടണോ സന്തതി ഉണ്ടോ പോയി അതുകൊണ്ടാണ് ചോദിച്ചത് പുത്രനെ കൊണ്ടോ നമുക്ക് ഈ പ്രജയെ കൊണ്ടൊക്കെ എന്ത് കാര്യം ചോദ്യം മനസ്സിലായില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉചിതം പേർ കുറെ കൂടെ ഭംഗിയായിട്ട് വേറൊരു പ്രതി പറഞ്ഞു വല്ലാ മക്കള് എല്ലാ മക്കള് ഇതെല്ലാവർക്കും സമ്മതമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോ മക്കളുണ്ടോ മരുമക്കളുണ്ടോ ഇല്ല അപ്പൊ ഞാൻ അതിനായിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് വെറുതെ വെറുതെ വെറുതെ താങ്കൾ ഈ ശാസ്ത്രം നല്ലവരെ പഠിക്കാത്തവരെ ചോദ്യം ചോദിക്കും എന്നാലും മോക്ഷത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ മതിയോ അത് ഈ ശാസ്ത്രമൊക്കെ അറിയാവുന്നവരുദ്ധരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതൊക്കെ പോകാൻ തുടങ്ങും അല്ലേ കാരണം ഈ പ്രജയുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ഉണ്ടായില്ലെന്ന് വെച്ചിട്ടും വലിയ കാര്യമില്ല അപ്പൊ മനസ്സിലായില്ല രണ്ടാമത് അത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഇതൊക്കെ അറിയാതെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അറിഞ്ഞാലോ ഉണ്ടായിട്ട് കാര്യ മനസ്സിലായില്ല അവിടെ എഴുതിൻ്റെ പ്രതി അപ്പൊ വിളയാടിയ കുട്ടി പള്ളയെ തെരയുന്നത് പോലെ വൃത്തികളെല്ലാം അടഞ്ഞി നിന്നിൽ അസ്തന്തമാകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒന്നും അനങ്ങാതെയായി പ്രപഞ്ചത്തിലെ ആരോഗ്യത്തിന് കിട്ടുന്നത് വെറുതെ അന്നവസ്ത്രാധിമുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പൂരാൻ അവിടെ അന്നത്തെ പ്രശംസിക്കുന്നു അന്നത്തെ തരുന്ന അന്നദാതാവിനെയും പ്രശംസി ആ തലത്തിലുള്ള അങ്ങനെയുള്ള നീ ആ നീ ആരാണ് അനിർവചനീയ ഖ്യാതിയിലൂടെ പരിചയപ്പെടുത്തുക അടുത്ത ശ്ലോകത്തിൽ നോക്കാം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം വേദാന്തം പരീക്ഷണശാലയിലെ ആധുനിക ശാസ്ത്രജ്ഞർ പരീക്ഷണം നിർവഹിക്കുന്നത് പോലെയാണ് ഉപയോഗിക്കുന്നത് ഉപമാനം പ്രമാണം പഠിക്കുമ്പോൾ അതിൽ പ്രത്യക്ഷം അനുമാനം ആഗമം മുതലായൊക്കെ പ്രമാണങ്ങളാണ് ഉപമാനം എന്നൊരു പ്രമാണവും വേദാന്തം പലയിടത്തും സമർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപമകളാണ് ദൃഷ്ടാന്തകുശ്ശലന്മാരായ ആചാര്യന്മാർ ദൃഷ്ടാന്തം കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ദൃഷ്ടാന്തം ഒരനിർവചനീയതയെ നമുക്ക് തരും നിർവചനത്തെ അല്ല അനിർവചനീയത എന്ന് പറഞ്ഞാൽ സാധാരണ ഊർജ്ജതന്ത്രത്തിലുണ്ട് സ്വതന്ത്രത്തിലൊക്കെ ഒരു സ്ഥാനം നിർവചിക്കുന്ന പോലെ എന്നർത്ഥെടുത്താൽ പോരാ അനിശ്ചിതം എന്നർത്ഥം എടുക്കണം അനിർവചനീയത ശങ്കരാദ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ള ആയിരമായിരം ഉദാഹരണങ്ങളുണ്ട് രജ്ജു സർപ്പം ഗംഭീരമായ ഉമാകളിലമ്മ പിന്നെ വെള്ളിയും സുക്തിയും ശുക്തിരജത സ്ഥാനവും പുരുഷനും ഇതൊക്കെ വേണത്തിലെ പ്രകൃഷ്ട ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വരയുണ്ട് ആകാശം നീലാകാശം ഇതൊക്കെ അവരുപയോഗിച്ചിട്ടുണ്ട് ശങ്കരന് ഉപയോഗിക്കുന്ന മൂന്ന് ഒരു ഉദാഹരണത്തിന്റെ പോരായ്മ നികത്താൻ ഉപയോഗിച്ച് മൂന്നുദാഹരണങ്ങൾ ചേർത്തുപയോഗിക്കുന്നതാണ് രജു സർപ്പവും രജതശക്തിയും മരീചികയും അതിലേതെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ അനുവജനീയ ഖ്യാതി വേദാന്തത്തിലത് മനസ്സിലാവാതെ പോകും പലപ്പോഴും നമ്മൾ ഒരമയെടുത്ത് പഠിക്കുകയുള്ളൂ മൂന്നും കൂടെ ചേർത്ത് പഠിക്കണം ഒന്നിന്റെ പോരായ്മ രണ്ടാമത്തതും രണ്ടാമത്തതിന്റെ പോരായ്മ മൂന്നാമത്തതും നികത്തി മൂന്നും പരസ്പര പൂരകമാകുമ്പോൾ അനിർവചനീയ ഖ്യാതി മനസ്സിലാവും പക്ഷെന്തെങ്കിലും ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ആദ്യം കാലം മുതലുണ്ട് എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും ഇതിന്റെ പൊരുളെന്താണെന്നും ഒക്കെ മനുഷ്യനെ ആദ്യകാലം പഠിച്ചിട്ടുണ്ട് ആ പഠനത്തിന് ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് അതിൽ വേദാന്തം ഉപയോഗിക്കുന്ന മാനദണ്ഡമാണ് അനിർവചനീയ ഖ്യാതി ഏതാണ്ട് ഇന്ന് ശാസ്ത്രലോകവും അതിന്റെ വസ്തുലോളം എത്തിയിട്ടുണ്ട് ഒന്നിലും രണ്ടിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ പത്തിലോ പതിനൊന്നിലോ എത്തുമ്പോൾ അവൻ നിഷേധിക്കുന്നു ഒന്നിലും രണ്ടിലും പത്തിലും പതിനൊന്നിലും പഠിച്ചൊക്കെ അവൻ അടുത്ത പഠനത്തിലെത്തുമ്പോൾ പൂർണ്ണമായും നിഷേധിക്കുന്നു നിഷേധ നിഷേധം കൊണ്ട് സത്യത്തിലെത്തുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു നിഷ്പ്രപഞ്ച പരിഗണനയുടെയും സപ്രപഞ്ച പരിഗണനയുടെയും സമീചീനമായ അംശം ചാന്തോക്യവും ബൃഹദാരണ്യവും എടുത്തുവെച്ച് പഠിച്ചാൽ ഇത് രണ്ടും കിട്ടും ചാന്തോക്യത്തിൽ സപ്രപഞ്ച പരിഗണനയിലൂടെ അരുണൻ ഉദ്ധാരകൻ തൻ്റെ പുത്രനായ ക്ഷേതകേതുവിനെ കൊണ്ടുപോകുന്നുണ്ട് ബൃഹദാരണ്യകത്തിൽ ഗാർഗിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ യാജ്ഞവൽക്കൻ സമ്മയെല്ലാം നിഷ്പ്രപഞ്ച പരിഗണനയുടെ ഉദാത്ത മേഖലകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് നാരായണ ഗുരു ഇവിടെ ഉപയോഗിക്കുന്ന ഉപമാ വേളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റു എണ്ണമാണ് രജു സർപ്പമല്ല ശുദ്ധിയും രഹിതവുമല്ല ആഴിയും തിരയുമാണ് വേഴാണത്തിന് ഉപയോഗിക്കുന്ന വിശിഷ്ടാദ്വീകത്തോട് വളരെ അടുത്ത് നിൽക്കുന്നത് അദ്വൈത ഭാവന പൂർണ്ണമായതുമായ ഒരുപമ പൂർവാചാര്യന്മാർ ഉപയോഗിച്ചത് തന്നെ ആഴിയും തിരയും നാരായണ ഗുരു അവതരിപ്പിക്കുമ്പോൾ ചതുഷ്പാവ മന്ത്രത്തിലാണെന്ന് മാത്രം ആഴിയും തിരയും കൊണ്ട് നിർത്തിയില്ല ആഴിയും കാറ്റ് ആഴവും രജ്ജുവിലെ സർപ്പഭ്രാന്തി രജ്ജുവിൽ അല്പം പോലും തർപ്പമില്ല എന്ന് ഒട്ടൊക്കെ പറയാം ഭ്രാന്തിക്ക് അല്പം പോലും ഇല്ലെങ്കിൽ അത് വരില്ലോ ആകൃതിയെങ്കിലും ഉണ്ട് അതുകൊണ്ട് അതിന്റെ പോരായ്മ നടത്താനാണിതെന്ന് പറഞ്ഞുകൂടാ ആഴിയും തിരയും എടുക്കുമ്പോൾ തിരയാഴി തന്നെയാണ് അഭിന്നതയുണ്ട് അതുകൊണ്ട് ഉദാഹരണം കുറെ കൂടി എളുപ്പം ഒരു ഉദാഹരണം കൊണ്ട് സാധിക്കും ഇത് കേട്ടതുകൊണ്ട് വേദാന്ത ശരിയായ വർണ്ണനയിൽ വെച്ച് ഈ പ്രപഞ്ചോത്പത്തിയെ അന്വേഷിച്ചു പോകുമ്പോൾ ശങ്കരൻ ഉപയോഗിച്ച് ഉമയോട് അല്ല ഇത് ഉമിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം ഇത് ദൈവത്തോടാണ് പ്രപഞ്ച സൃഷ്ടിയോട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഉമയ്ക്ക് സമാനമായി തരുന്നില്ല മറന്നു പോകണ്ട അവിടെ ആഴിയും തിരയുവെന്ന ഉപമ ഉപയോഗിച്ചാൽ പ്രയോജനമാവില്ല മറ്റൊരു പ്രകരണത്തിൽ നാരായണ മറ്റൊരു അർത്ഥത്തിൽ ചോദിക്കുന്നുമുണ്ട് നലനിയലും മലർമാലാഗമാമോ പ്രാബികന്മാരോ നോക്കി തന്നെ അദ്ദേഹം അത് പറഞ്ഞത് ശിഷ്യന്മാർ വിരാഗികരായിരുന്ന പഠിപ്പിച്ച ശങ്കരനും ശിഷ്യന്മാർ വിവേകം വരാത്തവരായിരുന്ന കാലത്ത് നാരായണ ഗുരു പറയുന്നതും തമ്മിൽ അന്തരം ഉണ്ടാവും അവിടെ ശിഷ്യന്മാരുടെ കഴിവളക്കാൻ ഉപമകൾ പര്യാപ്തമാകുമെന്നല്ലാതെ ആശയത്തിന് മാറ്റം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോന്നറിയില്ല ശങ്കരൻ ഉപയോഗിച്ചത് കയറും പാമ്പുമാണ് ഉപമ കേട്ട് കയറുള്ളപ്പോൾ പാമ്പില്ലെന്നും പാമ്പുള്ളപ്പോൾ കയറില്ലെന്നും പ്രത്യേകം ഓർക്കണം രണ്ടും കാണാൻ കണ്ടു കഴിഞ്ഞവനേ പറ്റുള്ളൂ മനസ്സിലായില്ല കയറ് കാണുന്നിടത്തോളം കാലം പാമ്പില്ല അവന് ഭയവും പാമ്പ് കാണുന്നവന് കയറുമില്ല ഭയവിന് കൂടെ ഉറപ്പാണ് പാമ്പിനെ അജ്ഞാനത്തിലും കയറിനെ ജ്ഞാനത്തിനു ആകാണെന്നത് മനസ്സിലായില്ല ജ്ഞാനവും അജ്ഞാനവും ഒന്നിച്ചിരിക്കില്ല അവ പഠിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് പറയും കയറിൽ പാമ്പിനെ കണ്ടു അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവില്ല ആർക്കും കയറിൽ ആരും പാമ്പിനെ കാണാറില്ല ഇത് ഈ കാണാതെ പഠിച്ചവരുന്നൊരു വൈകല്യമാണ് നമ്മുടെ ഈ വേദാന്ത ദർശനത്തിൻ്റെതെല്ലാം ഈ സ്കൂളിൽ പോയി കാണാതെ പഠിക്കുമ്പോൾ ജനങ്ങളോട് ഒന്ന് പറയുമ്പോൾ പറയും കയറിൽ പാമ്പിനെ കണ്ട പോലെ കയറിൽ ഇങ്ങനെ പാമ്പിനെ കാണുന്ന കയറിൽ പാമ്പിനെ കാണില്ല പാമ്പോ അല്ല കയർ മനസ്സിലായില്ല ഏഹ് എന്നിവ കേട്ടിട്ട് പോയി ഈ ജില്ല ആളുകളെ പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ ഈ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ മനസ്സിലായില്ലേ